യഹോവയെ സ്തുതിപ്പീൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോവിയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൻ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ യഹോവ നല്ലവനല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ അത് മനോഹരമല്ലോ യഹോവ യാഹോബിനെ തനിക്കായിട്ടും ഇസ്രയേലിനെ തന്റെ നിക്ഷേപമായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ ഭൂമിയുടെ അറ്റത്ത് നീരാവി പൊങ്ങുമാറാക്കുന്നു അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു തന്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു അവൻ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു മിശ്രീമേ നിന്റെ മധ്യേ അവൻ പറവന്റെ മേലും അവന്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവൻ വലിയ ജാതികളെ സംഭരിച്ചു രാജാക്കന്മാരെ നിഗ്രഹിച്ചു അമോന്യരുടെ രാജാവായ സിഹോനേയും ബാഷാൻ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തന്റെ ജനമായ ഇസ്രയേലിന് അവകാശമായിട്ട് കൊടുത്തു യഹോവേ നിന്റെ നാമം ശാശ്വതമായും യഹോവെ നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന അങ്ങനെ തന്നെ ഇസ്രായേൽ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക അഹ്രോന്റെ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക ലേവി ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവീൻ യരുഷലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവയെ സ്തുതിപ്പീൻ